നമുക്ക് പൗലൂസ് കൊരിന്തുള്ള വിശ്വാസികൾക്ക് ആ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം കുരിന്തിൽ വളരെയധികം സന്മാർഗികമായി അതപ്പതിച്ച സഭയിൽ ഭിന്നതയും പിണക്കവും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കുരിന്തിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്നത് ഈ കൊരിന്ത് അന്നത്തെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു അവർക്ക് ഒത്തിരി പ്രശംസകളുണ്ടായിരുന്നു ഒത്തിരി പുകഴ്ചകളുണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങളിൽ അവർ ഊറ്റം കൊണ്ടിരുന്നു ഒത്തിരി കാര്യങ്ങളിൽ അവർ മഹത്വം കണ്ടെത്തിയിരുന്നു അവർ അതുകൊണ്ട് തന്നെ ആ കൊരിന്തിയയിലുള്ള വിശ്വാസികൾ ആ സഭയിലുള്ള വിശ്വാസികളും അവരെ സംബന്ധിച്ചോളം അവർ അവർക്കുണ്ടായിരുന്ന പല കാര്യങ്ങളിൽ പുകഴുന്നവരും മഹത്വം കണ്ടെത്ത കണ്ടെത്തുന്നവരും അവിടെ ഉണ്ടായിരുന്ന നേതാക്കളിൽ പോലും നേതാക്കളിൽ പോലും പുകഴുന്ന ഞാൻ പൊലോസിൻ്റെ പക്ഷക്കാരനാണ് ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരനാണ് എന്ന് പറഞ്ഞ് വ്യക്തികളിലും വസ്തുക്കളിലും ഒക്കെ മഹത്വം കണ്ടെത്തിയിരുന്ന ആളുകളായിരുന്നു അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന സഭയും വളരെയധികം അധപ്പതിച്ച് അവർക്ക് ആത്മീകമായ യാതൊരു കഴമ്പുമില്ലാത്തവരായി തീർന്നു നാം ഇന്ന് ആയിരിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിലും നാം ഏകദേശം ഈ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ നിറഞ്ഞിരിക്കുന്ന ഇടങ്ങൾ മനുഷ്യരിലുള്ള പുകഴ്ച ഞങ്ങൾക്കുള്ള വലിയ ഹാളിലും നമുക്കുള്ള വലിയ വലിയ കാര്യങ്ങളിലും പുകഴുന്ന അതിൻ്റെ മധ്യത്തിൽ ഇന്ന് സഭയിലുള്ള ആത്മീയമായ അവസ്ഥക്കാകെ കോട്ടം തട്ടിയിരിക്കും പ്രിയസോരിസരന്മാരെ നാമും ഇന്ന് നമ്മൾ കേട്ട ഈ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടെ നാം എടുക്കേണ്ടതുണ്ട് എത്ര പെട്ടെന്നാണ് അറിയാതെ നമ്മുടെ ഉള്ളത്തിലും നമ്മുടെ പുകഴ്ച നമ്മുടെ ഊറ്റം കൊള്ളുന്നത് നമ്മുടെ കാര്യങ്ങളിൽ നാം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് പകരം നാം വലുതാവുമ്പോൾ നാമും വളരെ പെട്ടെന്ന് നമ്മുടെ മൂല്യങ്ങൾ ഒക്കെ പെട്ടെന്ന് അതപ്പതിച്ചു പോകും പെട്ടെന്ന് ഇടിഞ്ഞു പോവും ഈ കുരന്തി സഭയിലെ ആളുകളെ പോലെ ആയിപ്പോവും നമ്മൾ കുരന്തിയ സഭയ്ക്ക് അതുകൊണ്ട് തന്നെ പൗലോസ് ലേഖനം എഴുതുമ്പം ഒന്നും രണ്ട് മൂന്ന് നാലും അധ്യായങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉള്ള നിങ്ങൾ എന്തിനാണ് നിങ്ങൾ മഹത്വം കൊള്ളുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത് ഇവിടെ ഇതാ ഒരു വാക്യം ഒന്ന് കുരന്തീയർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം അവിടെ പറയുന്നു ആരും തന്നെത്താൻ വഞ്ചിക്കരുത് ആരും തന്നെത്താൻ വഞ്ചിക്കരുത് ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത് താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് പോഷനായിത്തീരട്ടെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നദിയിൽ പോഷത്വം അവൻ ജ്ഞാനികളെ കൗശലത്തിൽ പിടിക്കുന്നു പിന്നീട് ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു ആകെലാരും മനുഷ്യരിൽ പ്രശംസിക്കരുത് സകലവും നിങ്ങൾക്കുള്ളതിൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത് ദൈവമാണ് അവിടെ ചിലർ പറയുന്നു പൗലോസോ അപ്പൊലോസോ ഇരുപത്തിരണ്ടാം വാക്യം കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളതാണ് നിങ്ങളോ ക്രിസ്തുവിനുള്ളവനാണ് ക്രിസ്തു ദൈവത്തിനുള്ളവനാണ് എന്ന് പറയുന്നു എന്നിട്ട് നാലാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ലഭിച്ചതല്ലാതെ നിന്നെ വിശേഷിപ്പിക്കുന്നത് ആരാണ് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം അതാണ് അവർ വളരെ തൃപ്തിയുള്ളവരായിരുന്നു അവർ അവരിൽ തന്നെ പ്രശംസിക്കുന്നവരായിരുന്നു അവരുടെയുള്ള അവർക്കുള്ളതിൽ പ്രശംസിക്കുന്നവരായിരുന്നു അവർക്കുള്ള ആളുകളിൽ പ്രശംസിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് ഒന്നുവരീരൊന്നാം അധ്യായത്തിൽ ഒന്ന് ഒന്നാം അധ്യായത്തിലാണെങ്കിലും പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ പൗലോത്സവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നു ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു അതിനുശേഷം അവിടെ ഇരുപതും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നുമൊക്കെ ഉള്ള വാക്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ ജ്ഞാനി എവിടെ ശാസ്ത്രി എവിടെ ഇരുപതാം വാക്യം ഈ ലോകത്തിലെ താർക്കികൻ എവിടെ ഇരുപത്തിനാലാം വാക്യം ത്തിൽ പറയുന്നു ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂതന്മാർക്കാകട്ടെ യേവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ ജ്ഞാനികളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിലെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ മുപ്പതാം വാക്യം നിങ്ങളോ അവനാൽ ക്രിസ്വേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പമായിരിക്കുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ നമുക്ക് വളരെ പെട്ടെന്നാണ് നാം അറിയാതെ നമുക്ക് നമ്മിൽ തന്നെ ബലമുണ്ടാകുന്നത് നമുക്ക് ചില കാര്യങ്ങൾ പ്രശംസയായിത്തീരുന്നത് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ മാത്രമല്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ നേട്ടങ്ങളിൽ പ്രശംസിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ദൈവത്തിന് കൊ കൊടുക്കേണ്ട മഹത്വം നമുക്ക് എടുത്തു പറ്റും നേട്ടങ്ങളിൽ പ്രശംസിച്ച് പലപ്പോഴും നമുക്ക് ചില ചില ചില സമയങ്ങളിൽ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അരോചകമായി തോന്നാറുണ്ട് എന്നാൽ അറിയാതെ നമ്മിൽ നിന്നും നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചില നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചില റിസൾട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്തെ ചില ഉന്നമനത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവേ ലഭിച്ചതല്ലാതെ എനിക്കെന്തുള്ളൂ കർത്താവേ അങ്ങനെയൊന്നും ലഭിച്ചതല്ലാതെ എനിക്ക് എന്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തോടെ കർത്താവെ ഞാനൊരു ഞാൻ പൊടിയാണ് എന്നുള്ള ബോധ്യത്തോടെ ഞാൻ നിസ്സാരനാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ കാര്യങ്ങളെ കാണാൻ അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ചോളം അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ അവർക്കൊരു നഷ്ടം സംഭവിച്ചു നഷ്ടം സംഭവിച്ചാലുടനെ വീണ്ടും ദൈവത്തെ ദുഷിക്കും എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്ത് എന്താ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്ത് എന്തിനാ എനിക്ക് എനിക്ക് എന്തുകൊണ്ട് ഇന്ന റിസൾട്ട് ഇങ്ങനെ ശരിയായില്ല എനിക്കത് ശരിയായില്ല നാം ദൈവത്തിനുള്ളവരാണ് നമുക്ക് നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും നേട്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും കർത്താവേ നിൻ്റെ നാമം അങ്ങ് ഉയരണം അങ്ങയുടെ നാമം മഹത്വപ്പെടണം അത്രയേ ഉള്ളൂ നേട്ടമുണ്ടായാലും അതിൽ ഞാൻ പൊങ്ങിപ്പോകുന്നില്ല അതെൻ്റെ ഏറ്റവും വലിയ സന്തോഷമല്ല എനിക്ക് നഷ്ടവും വേദനയും അവിടെ ഞാൻ മുങ്ങിപ്പോകുന്നില്ല അവിടെയും കർത്താവെ അങ്ങ് മഹത്വപ്പെടണം അതിൻ്റെ മധ്യത്തിലും അങ്ങയുടെ നാമം ഉയരണം അങ്ങ് മതിയായവനാണ് അങ്ങ് ഉയരണം നമുക്ക് ഈ ഒരു മനോഭാവം നമ്മൾ പഴയ നിയമത്തിലെ ഒരു പഴയ നിയമഭക്തനായിരുന്നു യോഹനാൻ സ്നാപകൻ സ്നാപക യോഹന്നാൻ പഴയ നിയമ ഭക്തനാണ് അപ്പം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലാണ് യോഹനനെക്കുറിച്ച് പറയുന്നത് എന്നാലും യഥാർത്ഥത്തിലുള്ള പുതിയ നിയമജീവിത കാലഘട്ടത്തിന് മുമ്പാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ കാലഘട്ടത്തിൽ സഭയുടെ മുമ്പാണ് യോഹന്നാൻ സ്നാപകൻ ജീവിച്ചത് അവൻ പഴയ നിയമത്തെ ഏറ്റവും വലിയവനായിരുന്നു എന്ന് നമ്മുടെ ദീപചനത്തിൽ അവനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ നമുക്കുള്ള ജീവിതം അതിലും വലിയതായിട്ടാണ് നമുക്ക് ദൈവചനം നമ്മോട് പറയുന്നത് എന്നാൽ ഈ യോഗനനെ പറയുന്നത് നമ്മൾ യോഗനൻ അവൻ നമ്മൾ വായിക്കുന്നത് മൂന്നാം അധ്യായം ത്തിലല്ലേ അവിടെ അവൻ പറയുന്നു കർത്താവ് വളരണം അപ്പോൾ അവൻ പറയുന്നത് ഞാനോ മൂന്നാമധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം മുക്ക മുപ്പതാം വാക്യത്തിൽ അവൻ പറയുന്നു ഓരോ സാഹചര്യത്തിലും അവൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നീ യേശു എന്ന് ചോദിക്കുന്നു അപ്പോഴെല്ലാം അവൻ ഞാനല്ല ഞാനൊരു മുഖം ഞാനൊരു ശബ്ദം മാത്രമാണ് മുഖമില്ലാത്ത ഒരു ശബ്ദമാണ് എന്നെല്ലാം പറയുന്ന ഈ യോഗനൻ സ്നാപകൻ എന്നിട്ട് അവൻ പറയുന്നു മുപ്പതാം വാക്യത്തിൽ അവൻ വളരണം ഞാനോ കുറയണം അവൻ വളരണം ഞാനോ കുറയണം കർത്താവ് വളരണം കർത്താവ് വളരണം നമ്മൾ നേരത്തെയും നമ്മളതിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അത് താല്പര്യമാണ് കർത്താവെ അങ്ങ് വളരണം അങ്ങ് വളരണം അങ്ങ് എന്നിൽ വളരണം പക്ഷേ കർത്താവ് വളരണമെങ്കിൽ ഞാൻ കുറയണം ഞാൻ കുറയണം ഞാൻ കുറയണം ഞാൻ കുറയുമ്പോഴാണ് എന്നിൽ കർത്താവ് വളരുന്നത് നമുക്ക് ആ രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ കർത്താവെ അർഹിക്കാത്ത ഇതെനിക്ക് തന്നല്ലോ കർത്താവേ ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് പത്രോസിനെ പോലെ കർത്താവ് അവൻ ഞാൻ പാവിയാണ് പാവിയാണ് അവൻ്റെ ഒരു അത്ഭുതമാണ് അവൻ്റെ ജീവി അവൻ്റെ പടകിലുണ്ടായത് അത്ഭുതം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ പാവിയായ എന്നോട് കരണ്ട തോന്നുന്നു ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് അവൻ തൻ്റെ മേൽ മേലങ്കി ഊരി അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടി എടുത്ത് ചാടിയെന്നാണ് നമുക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങൾ നമ്മുടെ നഷ്ടങ്ങൾ എല്ലാത്തിൻ്റെ മധ്യത്തിലും കർത്താവെ അങ്ങ് അങ്ങ് അങ്ങേക്ക് അങ്ങയുടെ നാമം ഉയരണം അത് തുടർമാനമായി ആ ഒരു മനോഭാവം വെച്ച് പുലർത്തുവാൻ ദൈവം എനിക്കും നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ ആമേ